ം ഇരുപത്തിനാല് ഷൌൽ ഫെലിസ്തേരെ ഓടിച്ചുകളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് യൻഗതി മരുഭൂമിയിലുണ്ടെന്ന് അവന് അറിവ് കിട്ടിയിട്ട് അപ്പോൾ ഷൌൽ എല്ലാ ഇസ്രയേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിങ്കൽ എത്തി അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു ശൌൻ കാൽമടക്കത്തിന് അതിൽ കടന്നു എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു ദാവീദിന്റെ ആളുകൾ അവനോട് ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കൈയിൽ ഏൽപ്പിക്കും നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവൻ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചുകളഞ്ഞതുകൊണ്ട് പിന്നത്തേത് ദാവീദിന്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി അവൻ തന്റെ ആളുകളോട് യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി ശൌലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല ശൌൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വഴിക്ക് പോയി ദാവീദുമെഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൌലിനോട് എന്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു ശൌൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ദാവീദ് ശൌലിനോട് പറഞ്ഞതെന്തെന്നാൽ ദാവീദ് നിനക്ക് ദോഷം വിചാരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നത് എന്ത് യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കാണുന്നുവല്ലോ നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല എന്റെ യജമാനന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല അവൻ യഹോവയുടെ അഭിഷിക്ഷനല്ലോ എന്ന് ഞാൻ പറഞ്ഞു എന്റെ പിതാവേ കാ എന്റെ കൈയിൽ നിന്റെ മേലങ്കയുടെ അറ്റംറ്റം ഇതാ കാണുക നിന്റെ മേലങ്കിയുടെ അറ്റംറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കൈയിൽ ദോഷവും ദ്രോഹവും ഇല്ല ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ തേടി നടക്കുന്നു യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ യഹോവ എനിക്കു വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ എന്നാൽ എന്റെ കൈ നിന്റെ മേൽ ുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊൽ പറയുന്നത് എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല ആരെ തേടിയാകുന്നു ഇസ്രയേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത് ആരെയാകുന്നു പിന്തുടരുന്നത് ഒരു ചത്ത ഒരു ചെള്ളിനെ അല്ലയോ ആകയാൽ യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കുകയും എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് എന്നെ നിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുകയും ചെയ്യുമാറാകട്ടെ ദാവീദ് ശൌനിനോട് ഈ വാക്കുകൾ സംസാരിച്ച് തീർന്ന ശേഷം എന്റെ മകനെ ദാവീദ് ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞു പിന്നെ അവൻ ദാവീദിനോട് പറഞ്ഞത് നീ എന്നെക്കാൾ നീതിമാൻ ഞാൻ നിനക്ക് തിന്മ ചെയ്തതിന് നീ എനിക്ക് നന്മ പകരം ചെയ്തിരിക്കുന്നു യഹോവയെന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തതായി ഇന്ന് കാണിച്ചിരിക്കുന്നു ശത്രുവിനെ കണ്ടുകിട്ടിയാൽ ആരെങ്കിലും അവനെ വെറുതെ വിട്ടയക്കുമോ നീ ഇന്ന് എനിക്ക് ചെയ്തതിന് യഹോവാ നിനക്ക് നന്മാ പകരം ചെയ്യട്ടെ എന്നാൽ നീ രാജാവാകും ഇസ്രയേൽ രാജ്യത്വം നിന്റെ കയ്യിൽ സ്ഥിരമാകുമെന്ന് ഞാൻ അറിയുന്നു ആകയാൽ നീ എന്റെ ശേഷം എന്റെ സന്തതിയെ നിർമൂലമാക്കി എന്റെ പേർ എന്റെ പൃദൃർഭവനത്തിൽ നിന്ന് മായിച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ ഇപ്പോൾ എന്നോട് സത്യം ചെയ്യുക അങ്ങനെ ദാവീദും ശൗലിനോട് സത്യം ചെയ്തു ശൌൽ അരമനയിലേക്ക് പോയി ദാവീദും അവന്റെ ആളുകളും ദുർഗത്തിലേക്കും പോയി